യോ യ അയാളുടെ ശ്രദ്ധാമയ ശരീരമാണ് അയാളുടെ പേഴ്സണാലിറ്റി ശ്രദ്ധാമയ ശരീരം ഫിസിക്കൽ അല്ല വാസ്തവത്തിൽ ശ്രദ്ധാമയ ശരീരത്തിനനുസരിച്ച് പുറമേക്കുള്ള ശരീരത്തിന്റെ ലക്ഷണങ്ങളും മാറും കുറെ ഒക്കെ ഊഹിക്കാം അപ്പ ആന്തരികമായ ശരീരത്തിനനുസരിച്ച് ബാഹ്യമായും ഉപാധിയിലും വ്യത്യാസം വരും എന്താണെന്ന് വെച്ചാൽ സ്ഥൂലമായ ചിത്തമാണ് ശരീരം സൂക്ഷ്മമായ ശരീരമാണ് ചിത്തം വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് ഈ ശ്രദ്ധാമയ ശരീരം അയാളുടെ പേഴ്സണാലിറ്റിയാണ് യതിയേവം തഥ സാപ്രായം പുരുഷ സംസാരീ ജീവ അയാളുടെ ശ്രദ്ധയ്ക്കനുസരിച്ചാണ് അയാളുടെ പേഴ്സണാലിറ്റി ശ്രദ്ധ സാത്വികമാകുമ്പോൾ അധ്യാത്മശാസ്ത്രത്തില് രുചിയുണ്ടാവണു വേദാന്ത വിഷയത്തിൽ രുചി ഉണ്ടാവണം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ട് വന്ന അറ്റൻഷൻ ശ്രദ്ധയുടെ പവറാണ് യാദൃശി ആദൃശി ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി ഈ ശ്രദ്ധ അറ്റൻഷനായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അറ്റൻഷന് നമ്മൾ എന്താ പറയുക ഒരു പ്രത്യേക അഭിരുചി ജാഗ്രത തമിഴ് വെച്ചാൽ ഗവനം ഒരു വിഷയത്തിലെ ഗവനം നമ്മള് ശ്രദ്ധ എന്നേ മലയാളത്തിൽ പറയുള്ളൂ ശ്രദ്ധിക്ക എന്നൊക്കെയാണ് പറയുക അല്ലെ ശർദ്ദിക്കെന്നൊക്കെ പറയും ശ്രാദ്ധം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ശാർദ്ദം ശാർദ്ദം എന്നാണ് പറയണത്ര ശ്രാദ്ധത്തിന് നമ്മളുടെ വീട്ടിൽ ശാർദ്ധായിരുന്നു ശാർദ്ദായിരുന്നു ശ്രദ്ധയോടെ ചെയ്യണതാണ് ശ്രാദ്ധം പിതൃക്കളോട് മരിച്ചു കഴിഞ്ഞാൽ പോയി കിട്ടുവോ എന്നൊക്കെ ചോദിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള പിതൃക്കൾക്കാണ് നിങ്ങൾ ശ്രാദ്ധം ചെയ്യുന്നത് മരിച്ചുപോയ പിതൃക്കൾക്കല്ല നിങ്ങളുടെ ഓരോ സെല്ലിലും ജീൻ ലുക്ക് ഉണ്ട് അവര് അവിടെയാണ് ആരാധന അപ്പോ ശ്രദ്ധ അറ്റൻഷനായിട്ട് മാറണം ആ അറ്റൻഷൻ വളരെ ശുദ്ധമാകുമ്പോഴാണ് നമ്മൾ ഉള്ളിൽ തന്നെ അത് പ്രവർത്തിക്കും പുറത്തേക്ക് പ്രവർത്തിക്കില്ല ശ്രദ്ധ ഏറ്റവും ശുദ്ധമായി കഴിയുമ്പോൾ എന്താവുന്ന വെച്ചാൽ പതുക്കെ ആദ്യം കാണുന്നത് അവനവന്റെ മനസ്സിനെയാണ് ശ്രദ്ധ സൂക്ഷ്മമാവുമ്പോഴാണ് മനസ്സിൽ വരുന്ന ചിത്തവൃത്തികളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങാം മറ്റു പല ആളുകൾക്കും അത് മനസ്സിലാവുകയില്ല അതുകൊണ്ട് ധ്യാനത്തിന്റെ ആദ്യ തന്നെ മനസ്സിൽ വരുന്ന ചിത്തവൃത്തികളൊക്കെ കാണാം ദേഷ്യം വരണു അതൊരു വസ്തു പോലെ കാണുന്നു അസൂയ വരുമ്പോ കാണുന്നു തൃശൂരിലൊരു സ്വാമിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു എന്താ ചെയ്യ അപ്പൊ സ്വാമി പറഞ്ഞു കൊടുത്തു ദേഷ്യം വരുമ്പോ ഇങ്ങനെ കാണണം കാണാനേ പറ്റണില്ലേ ആ സ്വാമി കാണുന്നതിന് മുമ്പ് ദേഷ്യപ്പെട്ടു പോണു ചീത്ത പറ അപ്പോ ആ സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഓരോരോ പ്രാവശ്യം ദേഷ്യം വരുമ്പോഴും അമ്പലത്തിൽ ഉണ്ടിയും പത്ത് രൂപ ഇടാ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാളുടെ അടുത്ത് ചോദിച്ചോ എങ്ങനെയുണ്ട് ഹസ് ബിക്കം വെരി കോസ്റ്റ്ലി എത്ര രൂപയാ ചെലവാകണോ ഒരു ദിവസം ഇപ്പൊ ഞാൻ ദേഷ്യത്തിനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ഒരു ജാഗ്രത ഒരു സ്പേസ് ഉണ്ടാക്കി അപ്പൊ ദേഷ്യം വരുമ്പോ കാണുന്നു അസൂയ വരുമ്പോ കാണുന്നു മാത്സര്യ ബുദ്ധി വരുമ്പോ കാണുന്നു അഭിമാനം ഉദിക്കുമ്പോൾ കാണുന്നു അതാണ് ഏറ്റവും ശ്രദ്ധയുടെ സൂക്ഷ്മ മണ്ഡലം ശ്രദ്ധയുടെ സൂക്ഷ്മ മണ്ഡലം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലെ അഭിമാനം ഇങ്ങനെ ഉദിക്കുമ്പോൾ കാണുന്നു അത് അവിടെ എത്തിയാൽ നമ്മൾ ഫലിച്ചു ശ്രദ്ധ അഭിമാനം ഉദിക്കുമ്പോൾ ആദ്യം നിങ്ങളാണ് കാണുന്നത് മറ്റുള്ളവരെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിയണമെന്നില്ല അഭിമാനം ഉദിക്കുമ്പോൾ നമ്മൾക്ക് കാണണം ശ്രദ്ധ അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം പോലും അപ്പോളേ മനസ്സിലാവും കാരണം ഈശ്വരൻ നമ്മളെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ ദുഃഖം തരുന്നത് ഫിസിക്കലായിട്ട് സൂക്കേട് തന്നാൽ ശരീരത്തിൽ വേദന അവിടെ ശ്രദ്ധിക്കും മാനസികമായിട്ട് വിഷമം തന്നാൽ മനസ്സിനെ ശ്രദ്ധിക്കും നമ്മൾ ചിലപ്പോൾ നമ്മളെ അപമാനിക്കുക ഇൻസൾട്ട് അതൊക്കെ വരുമ്പോഴാണ് അഹങ്കാരത്തിനെ ശ്രദ്ധിക്കുക കണ്ടിട്ടുണ്ടോ അഹങ്കാരം ഒരു സ്പെഷ്യൽ ശരീരമാണത് ഫിസിക്കൽ ബോഡി അന്നമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശത്തിലാണ് ഈ അവിടെയാണ് നമ്മളെ ആരെങ്കിലും ഒക്കെ അപമാനിക്കുമ്പോ ദ്വേഷിക്കുമ്പോ നമ്മളെ ചീത്ത വിളിക്കുമ്പോ അപ്പോ ഡയറക്റ്റ് ആയിട്ട് ഈ അഹം വൃത്തിയുടെ മൂവ്മെന്റ് ചലനം ശ്രദ്ധ അവിടെ ചൊല്ലുമ്പോ ധ്യാനം ആരംഭിച്ചിരിക്കണം ശ്രദ്ധ ഞാൻ എന്നുള്ള വൃത്തിയുടെ ചലനത്തിനെ ചലനത്തിന് തിരിയാണ് ശ്രദ്ധ ഒരു ലൈറ്റാണ് ശ്രദ്ധ എന്ന് പറയണത് ഒരു ജ്യോതിയാണ് ഒരു ടോർച്ചാണ് അതൊരു ബീമാണ് അത് അഹംവൃത്തിയുടെ നേരെ തിരിഞ്ഞു കഴിയുമ്പോ ഈ അഹംവൃത്തി എന്താണ് ചോദിക്കും ഒരു ഗുരുവിന്റെ ഒക്കെ ആവശ്യം ഇത് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് മാത്രമാണ് ഗുരു ഉണ്ടെങ്കിലും ഗുരു ഹെൽപ്പ് ചെയ്യാൻ പോണത് എന്തിനാ വെച്ചാൽ നമ്മളുടെ ശ്രദ്ധാശക്തിയെ പതുക്കെ പതുക്കെ കൊണ്ടുപോയി ഈ അഹംവൃത്തി പര്യന്തം കൊണ്ടുപോകും ഈ അഭിമാനം ഉദിക്കുമ്പോഴും അടങ്ങുമ്പോഴും അതെവിടെ ഉദിക്കണോ അടങ്ങണോ അതുവരക്കും കൊണ്ടുപോകും നമ്മളതൊരു ശാസ്ത്രമായിട്ട് സയൻസായിട്ട് പറയണു പക്ഷെ ഗുരു ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ചീത്ത വിളിക്കും ചിലപ്പോൾ നിന്ദിക്കും ഇയാളെ ശാസിക്കും ശാസനം ചെയ്യും അപ്പോഴൊക്കെ തന്നെ ആ അനുഗ്രഹ ശക്തി ചിലപ്പോൾ നേരെ ഉപദേശിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഇയാളുടെ ശ്രദ്ധാശക്തി ഈ അഹം വൃത്തി ഉദിക്കുകയും അടങ്ങുകയും ഞാൻ എന്ന് ഉദിക്കുന്നു അടങ്ങുന്നു സ്തുതിക്കുമ്പോ സുഖം തോന്നുന്നു നിന്ദിക്കുമ്പോൾ വിഷമം തോന്നുന്നു ജീവിതത്തിലെ ഈ രണ്ട് കാര്യമേ ഉള്ളൂ അനുകൂലമായിട്ട് എന്തെങ്കിലും വന്നാൽ സന്തോഷം തോന്നുന്നു പ്രതികൂലമായിട്ട് എന്തെങ്കിലും വന്നാൽ വിഷമം തോന്നുന്നു എനിക്ക് വേണ്ടത് കിട്ടിയാൽ എഴുന്നേൽക്കണുളളിൽ അഹം എനിക്ക് എന്നെ നിന്ദിച്ചു കഴിഞ്ഞാൽ അപമാനിച്ചു കഴിഞ്ഞാൽ അതങ്ങോട് പോയി ആ ശ്രദ്ധയുടെ ലൈറ്റ് ശ്രദ്ധയുടെ ജ്യോതി ശ്രദ്ധയുടെ കിരണം ഈ ഞാൻ എന്നുള്ള ഈ മൂവ്മെന്റ് ഈ ചലനം ഇതാണ് യോഗം ശ്രദ്ധയെ പടിപ്പടി പടി പടിയായിട്ടുള്ളിൽ കൊണ്ടുപോകണം ഫിസിക്കലി നമ്മൾക്ക് തടികൂടി നമ്മൾക്ക് ആരോഗ്യമില്ല ഡോക്ടർ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞു ഫിസിക്കൽ ശ്രദ്ധ വരുമ്പോൾ രാവിലെ എണീറ്റ് ഓടുന്നു വിടാതെ ഓടുക രാത്രി ആഹാരം കഴിക്കുന്നത് നിർത്തി ഷുഗർ കൂട്ടണത് നിർത്തി എന്തൊക്കെയോ ചെയ്യണം അല്ലെ എക്സസൈസ് ചെയ്യണം യോഗ ചെയ്യണം ശരീരത്തിൽ ശ്രദ്ധ വന്നു അപ്പൊ ബെനിഫിറ്റ് മനസ്സിൽ ശ്രദ്ധ വരുന്നു ഉപാസന ധ്യാനം സത്യം സത്യം ത്യാഗം ആ ശ്രദ്ധ ഏറ്റവും സൂക്ഷ്മ മണ്ഡലത്തിൽ പോകുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള ത്രോബിങ് മൂവ്മെന്റ് സ്പന്ദനമാണ് ഞാൻ ഞാൻ ഞാൻ എനിക്ക് എന്റെ ജീവിതം ലൈഫ് മുഴുവൻ എവിടെയാണ് നിൽക്കുന്നത് എന്റെ കരിയർ എന്റെ അംബീഷൻ എന്റെ സക്സസ് എന്നെ ആരും ചീത്ത പറയരുത് എന്നെ ആരും നീന്തിക്കരുത് എന്നെ എല്ലാവരും ഇതൊന്നും നടക്കില്ല അപ്പൊ വിഷമം അഫക്റ്റഡ് ആവണു അധ്യാത്മമായിട്ട് നോക്കിയ എനിക്ക് കിട്ടണം നമ്മുടെ മഹർഷി പറഞ്ഞു എങ്ങനെ ധ്യാനിക്കും ധ്യാനിക്കണമനെ കണ്ടുപിടിക്കും ഫൈൻഡ് ഔട്ട് ദ മെഡിറ്റേറ്റർ ഹൂസ് ദ മെഡിറ്റേറ്റർ ഐ വാട്ട് ഈസ് ദിസ് ഐ ഞാൻ ഇതിനെയാണോ ധ്യാനം സാധിക്കുമെങ്കിൽ നേരടി ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവുക ഹൃദയം എന്ന് വച്ചാൽ എന്താ ഈ അഹം വൃത്തി എവിടെ ഉദിക്കുകയും ലയിക്കുകയും ചെയ്യണോ ആ സ്പോട്ടിനെ ഋഷികൾ ഹൃദയം എന്ന് പറയണം ഈ ബ്ലഡ് പമ്പ് ചെയ്യണതല്ല അത് തെറ്റായിട്ട് പറഞ്ഞതാണെന്ന് അതിന് ഹാർട്ട് എന്നുള്ള പേര് എങ്ങനെയോ വന്നതാ അതിന് വേറെ എന്തെങ്കിലും പേര് ഉപയോഗിച്ചോളാം ഹൃദയം എന്ന് ശാസ്ത്രം പറയുമ്പോ സുഷുപ്തി അവസ്ഥയില് നമ്മളുടെ മനസ് എവിടെ പോയി നാച്ചുറലായിട്ട് ലയിക്കണോ അത് ഹാർട്ടാണ് ഡീപ്പ് സ്ലീപ്പിൽ അതുകൊണ്ടാണ് അവിടെ ഒരു ശോകത്തിനും പ്രവേശമില്ലാത്ത ഒരു സെന്റർ സ്വപ്നത്തിൽ ദുഃഖുണ്ട് ജാഗ്രതയില് ദുഃഖുണ്ട് സുഷുപ്തിയിൽ ഇതുവരെ ആർക്കും ദുഃഖം അനുഭവിക്കാനേ പറ്റിയിട്ടില്ല കാരണം ചിത്തം ഹൃദയത്തിനുള്ളില് പ്രവേശിച്ചു ശ്രദ്ധാശക്തിയെ ആത്മവിചാരം കൊണ്ട് ജ്ഞാനവിചാരം കൊണ്ട് നിറച്ചു കഴിയുമ്പോ ആ ശ്രദ്ധാശക്തി ഇറ്റ് ബിക്കംസ് പ്യുവർ ഇന്റലിജൻസ് ഷാർപ്പ് ലൈക്ക് എ ലേസർ ബീം അവിടെ അതിന്റെ ശ്രദ്ധ എവിടെ പോണു ഉദിക്കുമിടത്തിൽ ഒടുങ്ങിയിരുത്തൽ അത് അഭിമാനത്തിനെ നേരെ ലേസർ സർജറി എന്നൊക്കെ പറയണില്ലേ ഇപ്പോ ലേ കീഹോൾ സർജറി ഒക്കെ ഇപ്പോ ലേസർ സർജറിയാണ് ഒരു കിരണം ഉള്ളിൽ സർജറി ചെയ്തു അതുപോലെ ഉള്ളിൽ തന്നെയുള്ള ഒരു കിരണമാണ് അത് ഡയറക്ടായിട്ട് ഹൃദയത്തിലേക്ക് പോണു അഭിമാനത്തിന്റെ ചലനത്തിനെ ശ്രദ്ധിക്കാണ് അങ്ങനെ തുടങ്ങുമ്പോ ശ്രദ്ധ പൂർണമാവുകയാണ് ഇനി ഒരു പടിയേ ഉള്ളൂ എന്താ പടിയെന്ന് വെച്ചാൽ ഈ അഭിമാനം ഉദിക്കുന്നതും അടങ്ങുന്നതും കാണും ഈ ശ്രദ്ധ ഇനി അടുത്ത പടി എന്ത് ചെയ്യും വെച്ചാൽ ഈ അഭിമാനം അടങ്ങിക്കഴിഞ്ഞിട്ട് തത് അഭാവത്തിനെ ശ്രദ്ധിക്കും നമുക്ക് ഡീപ്പ് സ്ലീപ്പിലെ ശ്രദ്ധയില്ല അതുകൊണ്ട് ഉറങ്ങി സുഖമായിട്ടിരുന്നു സമാധിയില് അഥവാ ഗുരുവിന്റെ അടുത്ത് നിന്നും വേദാന്ത ശ്രവണം ചെയ്യുമ്പോൾ ഈ ശ്രദ്ധ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏതോ ഒരു ദിവ്യമുഹൂർത്തത്തിൽ ഒരു ഒരു കാര്യത്തിന് നമ്മൾ അങ്ങനെ കാണും ഒരു സയന്റിഫിക് ഡിസ്കവറി ചെയ്യണ പോലെ ഈ സാധകൻ തന്നിലൊരു ഒരു പ്രതിഭാസം കാണുകയാണ് ഞാൻ എന്നുള്ളതില്യാ പക്ഷെ ഞാനുണ്ട് അതായത് അഭിമാനം ഇല്ല ചിത്തവൃത്തികൾ ഒന്നുമില്ല പേഴ്സണാലിറ്റി ഇല്ല പക്ഷെ എന്തോ ഒന്ന് ഉണ്ട് ഒരു സത്തയുണ്ട് എക്സിസ്റ്റൻസ് ഉണ്ട് ഇരുപ്പ് നിലനിൽപ്പുണ്ട് ആ നിലനിൽപ്പിനെ അകമേക്ക് അറിഞ്ഞവന് ഗുരു അവിടെ എന്ത് ചെയ്യണു ഇത്രേ ചെയ്യണുള്ളൂ കുട്ടി അതാണ് നീ ആ നിലനിൽപ്പാണ് എന്റെ സ്വരൂപം സത്താണ് ഹേ സോമ്യാ ത്വമസി അത് നീയാണ് അല്ലാതെ അത് വിട്ട് നീ ഉണരുമ്പോ ഒരു അഭിമാനം ഒരു ഐ തോട്ട് ഒരു അഹംവൃത്തി എഴുന്നേക്ക അത് നീയല്ല അത് എഴുന്നേക്കാത്ത ആ സ്ഥിതിയിലെ യാതൊരു സത്തയുണ്ടോ ഒരു ചിത്ത് ഒരു അസ്തിവമുണ്ടോ അതാണോ കുട്ടി നിന്റെ സ്വരൂപം അതായിട്ട് തന്നെ ഇരിക്കൂ എന്ന് ഗുരുവചന ലവാത്ത് പ്രാപ്യത ആ ഗുരുവചന ലവം കേൾക്കുമ്പോ തന്നെ ശ്രദ്ധാശക്തി എന്ത് ചെയ്യണു ഈ ജീവൻ വസ്തു ഉപലഭ്യത്തെ സാക്ഷാത്കാരത്തിനെ കൊടുക്കുന്നു ബ്രഹ്മജ്ഞാനത്തിനെ കൊടുക്കുന്നു സോഹമസ്മി എന്ന് ഉള്ളിലൊരു തത്വനിശ്ചയം ഉണ്ടാവുകയാണ് അത് ശ്രദ്ധയുടെ മാജിക്കാണ് ഉള്ളില് ഒരു പ്രത്യപജ്ഞ ഉണ്ടാവുകയാണ് അത് ശ്രദ്ധയുടെ വിസ്മയമാണത് ഇത്രയൊക്കെ കിട്ടില്ല എവിടെയും കിട്ടില്ല ഇത് എന്തോ പറയിപ്പിക്കണോ പറയണോ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഉപലഭ്യത കിട്ടുമോ എപ്പോ ശ്രദ്ധ ഈ പറയണത്ത് തന്നെ മതി ശ്രദ്ധാശക്തി അത്രയും പക്വമാണെങ്കിൽ ശ്രവണാദേവ ഉപലഭ്യത്തെ മനനും നിധി ഇതിഹാസനും പോലും ആവശ്യമില്ല നല്ല പക്വമായ ആൾക്ക് അങ്ങനെ അങ്ങനെ ഒരു പവർ നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയത്ത് ശ്രദ്ധാമയനാണ് ഈ പുരുഷൻ അതുകൊണ്ട് ഇപ്പൊ ഈ മെസ്സേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ കിട്ടിയോ കിട്ടില്ലയോ ഇങ്ങനൊരു ലക്ഷ്യമുണ്ടെന്നും ഭഗവത്പ്രാപ്തി വേണമെന്നും ആത്മസാക്ഷാത്കാരം വേണമെന്നും രാവും പകലുമായി അനുസന്ധാനം ചെയ്ത് വേദാന്ത ശ്രവണം ചെയ്ത് മനനം ചെയ്ത് ഭഗവത് ധ്യാനം ചെയ്ത് ജപം ചെയ്ത് സാത്വികമായിട്ട് ജീവിച്ചു തുടങ്ങിയാൽ നമ്മൾ ശ്രദ്ധാമയ ശരീരികളായിട്ട് മാറും നമ്മളുടെ ആന്തരിക ശരീരം ഈ ബാഹ്യ ശരീരം ഒരു വെറും ഔട്ടർ ഗ്രോത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ വീണു പോണു അല്ലേ ഇത് ഇവിടെ നമ്മൾ കത്തിച്ചു കളയും അത് ശരിക്കും മരിച്ചു കഴിഞ്ഞ സാധനമാണ് മുമ്പേ തന്നെ അത് ഇപ്പൊ ശരീരത്തിലൊരു ഒരു ഒരു കുരുവൊക്കെ വന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താവും വീണുപോലെ അല്ലേ അതുപോലെ ഇത് വെറുതൊരു വെറണുമാണെന്നാണ് പറയണ ശാസ്ത്രം ശരിക്കും ശരീരം ശ്രദ്ധയാണ് ഇയാൾക്ക് എന്തൊക്കെ ശ്രദ്ധയുണ്ടോ അതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ചിത്തം തന്നെ ഇയാളുടെ ഒരു ശരീരമാണ് ആ ചിത്തം മുഴുവൻ വേദാന്ത വിചാരം കൊണ്ടും സത്സംഗം കൊണ്ടും നിറഞ്ഞു കഴിയുമ്പോൾ ഇയാളുടെ ശ്രദ്ധാമയ ശരീരത്തിലുള്ള ശ്രദ്ധിക്കാനുള്ള ശക്തി ഊർജം പ്രാണൻ ആത്മാഭിമുഖമായിട്ട് തീരും ജ്ഞാനവിചാരത്തിനുള്ള വീര്യമുള്ളതായിട്ട് തീരും അങ്ങനെ ജ്ഞാന വിചാരത്തിനുള്ള വീര്യം അതിനകത്ത് യജിച്ച് ഉണ്ടാക്കുകയാണ് തപസ് ചെയ്ത് തപസ് എന്താന്ന് വെച്ചാൽ നിരന്തര സത്സംഗം നിരന്തര അനുസന്ധാനം നിരന്തര മനനം കടുക് മാങ്ങ പോലെ ഊറാൻ ഇടുക എന്ന് പറയും ഉപ്പിലിട്ട് വെക്കണ പോലെ ഉപ്പിലിട്ട് വെക്കുകയാണ് ഈ വിദ്യയില് അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ വെച്ചാൽ കുറെ കഴിയുമ്പോൾ നമ്മളുടെ ശരീരം തന്മയമായിട്ട് തീരും അങ്ങനെ തന്മയമായിട്ട് തീരുമ്പോ അതിന്റെ സ്വാഭാവികമായ സ്രോതസ് പ്രവർത്തന രീതി തന്നെ ഈ വിഷയത്തിന് ശ്രദ്ധിക്കലായിരിക്കും അപ്പൊ സത്സംഗത്തിൽ വന്നിരിക്കുമ്പോ ശ്രവണം ചെയ്യുമ്പോ സമാധി അനുഭവം ഉണ്ടാവും പലർക്കും കാണാം സമാധി നിന്ന് പേടിക്കണ്ട എങ്ങനെയാന്ന് വെച്ചാൽ സത്സംഗത്തിൽ ഞങ്ങൾക്കൊക്കെ അതൊരു പുഷ്പം വിരിയണ പോലെയുള്ളതാണ് ഒരു വലിയ ലാഭം എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പലരെയും നല്ല വെളിച്ചമില്ല നല്ല വെളിച്ചമുള്ള സഭയിൽ ചിലപ്പോൾ കാണും നല്ല സത്സംഗം അങ്ങനെ ഫലിക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കും കുനിഞ്ഞിരിക്കും പിന്നെ പതുക്കെങ്ങനെ പിന്നെ എങ്ങനെ പിന്നെ കണ്ണടയ്ക്കും മുഖം അങ്ങനെ ഉള്ളിൽ ലൈറ്റിട്ട് ട്രാൻസ്പെറന്റായിട്ട് പുറത്തു വരണ പോലെ വരും ചില ആളുകള് യോഗസമാധി എന്ന് നമ്മൾ പറയണതൊക്കെ സത്സംഗത്തിൽ സാധാരണയായിട്ട് കാണും ആദ്യം ശ്രദ്ധിക്കൊന്നുമില്ല പതുക്കെ പതുക്കെ ഉള്ളില് പോവും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാണാം സമം കായ ശിരോ എന്ന് പറയുന്നത് വേണ്ട തനിയെ യോഗദണ്ഡ അങ്ങനെ ഇരിക്കും മുഖം പ്രകാശിക്കും ഉള്ളില് ധ്യാന സ്വഭാവം ഇതൊക്കെ ആ കുണ്ടലിനി എന്ന് പറയണതൊക്കെ ഉള്ളില് തനിയ ജാഗ്രതമാവും സത്സംഗത്തിൽ നടക്കണൊക്കെ അറിയാതെ ഇത് എങ്ങനെ സംഭവിച്ചു ശ്രദ്ധാമയോയം പുരുഷ്രദ്ധ സഹ ഈ ശ്രദ്ധാമയനായ പുരുഷന്റെ ശ്രദ്ധയാകുന്ന റിസർവയലിൽ നിന്നും അയാളുടെ ശ്രദ്ധ തന്നെയാണ് കുണ്ടലിനി ഇത് പറഞ്ഞാൽ ചിലപ്പോൾ യോഗികള് സ്വീകരിക്കില്ല പക്ഷെ കുറെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്രദ്ധ തന്നെയാണ് കുണ്ടലിനി എന്ന് പറയുന്നത് യോ താന്ത്രികന്മാര് ആ കുണ്ടി എന്ന് പറയുന്ന ശക്തി ശ്രദ്ധ തന്നെയാണ് കാരണം ഇത് രണ്ടും ഒന്നാണ് ഇയാളുടെ ശ്രദ്ധ അധ്യാത്മ ദാറ്റ് ബിക്കംസ് എ ഫോഴ്സ് അത് അവസാനം ആത്മാവിനെ കാണിച്ചു തന്ന് ആത്മാവിൽ ഇരിക്കും ശ്രദ്ധസ്വ്രസ്വ പരീക്ഷത്തിനടുത്ത് ശുഗൻ അവസാനം പറയണ ശ്രദ്ധിക്കും ഇപ്പൊ പരീക്ഷത്തെ അതും ഉണ്ട് കണ്ടോളൂ ശ്രദ്ധാവാൻ ലഭത ജ്ഞാനം അപ്പൊ ഇത്രയും പറഞ്ഞു ഇപ്പൊ നമ്മള് വളരെ ഉയർന്ന കാര്യത്തില് ശ്രദ്ധയെ പറഞ്ഞു ഇനിയിപ്പോ ഭഗവാൻ പറയുന്ന കാര്യത്തിലേക്ക് വരാ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഉപാസനാ വിഷയത്തില് ഉപാസനാ വിഷയത്തില് തന്നെ പലതരം ശ്രദ്ധകളുണ്ട് അത് നോക്കൂ അതിൽ നിന്ന് ഇയാള് ഏത് വകുപ്പിൽ പെടും എന്ന് ഊഹിക്കാം നന്ദി യജന് സാത്വികൻ യക്ഷരക്ഷാസി രാജസാ പ്രേതാഭൂതഗണാശ്ശാന്യേ യജന് താമസന ജന്ദേവാന് സത്വഗുണം അവരുടെ ശ്രദ്ധാമയ ശരീരത്തിലുള്ളപ്പോ നോക്കൂ നമ്മളുടെ ചിത്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പുറത്ത് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുടുംബം ഭാര്യ മക്കളൊക്കെ നമ്മളുടെ ഉള്ളില് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതോ ഒരു ഇമോഷന്റെ പുറമേക്കുള്ള റിഫ്ലക്ടിംഗ് മീഡിയ മാത്രമാണ് അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭർത്താവ് വന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭാര്യ വന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ വന്നു ചോദിക്കാനേ പാടില്ല അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് നിങ്ങളുടെ ഉള്ളിൽ ആ എലമെന്റ് ശരിയാക്കിയാൽ ഇത് ശരിയാവും അല്ലെങ്കിൽ ഇതിന് പണി കഴിയും അതെന്തോ ഒരു പ്രവർത്തിക്കാണ് അവിടെ വന്നിരിക്കണത് ഒരു ഒരു ഇൻസിഡന്റ് എന്തിനെ ജീവിതത്തിൽ ഇത് നടന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതെ ഈ കാര്യം പുറത്ത് നടക്കില്ല ചികിത്സയാണത് ആ വ്യക്തികൾ പോലും പുറത്തു വരുന്നത് അകത്തുള്ള ഇവന്റെ സത്വത്തിനോ രജസിനോ തമസിനോ അനുസരിച്ചാണ് അതുപോലെ തന്നെ സാത്വികനായിട്ടുള്ളവർക്ക് ദേവന്മാരോടൊക്കെ ഒരു ഭക്തി സത്വഗുണമുള്ള ആളുകൾക്ക് ഒരു അമ്പലത്തിന് മുമ്പിൽ പോകുമ്പോൾ ഒരു നമസ്കാരം ഒന്നുമില്ലെങ്കിലും നമ്മൾ മലയാളത്തില് കോടഹാലി നമസ്കാരം എന്നാണ് പറയുന്നത് ും എന്തോ ഉള്ളിൽ തോന്നണല്ലോ അല്ലേ പണിമിൻ തിരുമൂലർ പറഞ്ഞു നാടും നഗരമും നത്തിരുക്കോയിലും തേടി ശിവടുമി പണിമിൻ പണിന്ത പിൻ കൂടിയ നെഞ്ചത്ത് കോയലായിക്കൊള്ളവനെ ഓരോരോ തീർത്ഥക്ഷേത്രങ്ങളായി പോയി ഇവിടെ പോയി അവിടെ പോയി നമസ്കരിച്ചു അമ്പലത്തിൽ പോയി നമസ്കരിച്ചു ഇതിനൊക്കെ പ്രയോജനം ഉണ്ടോ ചോ പണിമിൻ ഒരു പ്രയോജനം ഉണ്ട് എന്താന്ന് വെച്ചാൽ എവിടെങ്കിലുമൊക്കെ പോയിട്ട് തല താഴ്ത്തിയല്ലോ അല്ലെ അല്ല പണിമിൻ പണിന്ത ലൈഫിന്റെ പർപ്പസ് തന്നെ ഈ പണി വാണ് അടങ്ങി പോവാൻ നടത്തി അഭിമാനത്തിന് അതിന്റെ സോഴ്സിലേക്ക് തള്ളാനാണ് ഈശ്വരൻ ഇത്രയധികം നമുക്ക് ജീവിതത്തിൽ ദുഃഖമൊക്കെ കൊണ്ടുതരുന്നത് പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പം പഠിക്കണം എന്താ പഠിക്കേണ്ടത് ഞാൻ ഒന്നുമല്ല സ്വാമി രാംദാസ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനുള്ള ഒരു മഹാമന്ത്രം എന്താന്ന് വച്ചാൽ ഞാനൊന്നുമല്ല എല്ലാം രാമനാണ് റാമ ഈസ് എവറിങ് അദ്ദേഹത്തിന് ഇൻക്വസ്റ്റ് ഓഫ് ഗാഡ് ഈശ്വരനെ തേടി എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ കാണാം എല്ലാം രാമൻ രാമന്റെ ഇച്ഛയാണ് ഞാനേ ഇല്ല കബീർ ഒരു പാട്ടിൽ പറയണു എല്ലാം രാമാ നീയാണ് നീ ആണ് എന്റെ ഉള്ളിൽ ഞാനില്ലാതായിട്ട് തീർന്നു അതാണ് യോഗം സ്വാമി രാംദാസിന്റെ ലൈഫ് മുഴുവൻ അതാണ് അപ്പൊ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ രാമൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത് രാംദാസ് റിമെമ്പർ ഐ ആം ദൂവർ യു ആർ നോട്ട് രാമ രാസ് ഞാനാണ് എല്ലാം ചെയ്യണത് നീയല്ല ഞാനാണ് കർത്താവ് നീ ഒന്നുമല്ല എന്ന് പറഞ്ഞു അപ്പൊ സ്വാമി പറഞ്ഞു രാമ എനിക്കറിയാം എന്തിനാ പുതിയതായിട്ട് ഒരു ദിവസം വന്നപ്പോ രാവിലെ എന്റെ അടുത്ത് ഞാനാണ് എല്ലാം ചെയ്യണത് നീ അല്ല ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെയും രാമ ഫോളോഡ് മീ കുളിക്കാൻ പോയപ്പോ അവിടെ വന്ന് രാംദാസ് റിമംബർ ഐ എം ദഡുവർ യു ആർ നോട്ട് അത്ര രാമൻ കുറെ കഴിയുമ്പോ ഉമ്മ പുറത്തുപോയി ഇരുന്നപ്പോഴും രാമൻ വന്നു പറഞ്ഞു രാംദാസ് റിമംബർ ഐ എം ദഡുവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോ രാമൻ വന്നു പറഞ്ഞു രാംദാസ് ഐ ആം ദ ഡുവർ ഞാനാണ് ചെയ്യണത് നീയല്ല സ്വാമി അവസാനം പറഞ്ഞു ഞാൻ ഉച്ചക്ക് ഇത്തിരി ഉറങ്ങാൻ പോയപ്പോ രാമൻ വന്നിട്ട് പറഞ്ഞു എണിപ്പിച്ചിട്ട് രാംദാസ് ഐ ആം ദ ഡുവർ ഞാനാണ് കർത്താവ് നീയല്ല ഞാനാണ് എല്ലാം ചെയ്യണതെന്ന് അപ്പൊ ഞാൻ പാക്കറ്റിന്ന് ഒരു പെപ്പർ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് രാമന്റെ വായിലിട്ടു രാമൻ ചവച്ചോണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ ഭക്തന്മാർ ചോദിച്ചു സ്വാമി എങ്ങനെ രാമന്റെ വായിൽ ചോക്ലേറ്റ് ഇട്ടു എന്ന് ചോദിച്ചു ഞാൻ എന്റെ വായിൽ ഇട്ടു അമ്പലങ്ങളൊക്കെ പോയി ഭക്തി ചെയ്തു ക്ഷേത്രങ്ങളിൽ പോണു ഇവരുടെ സംസ്കാരം വാസന അവസാനം എന്തുണ്ടായി പണിവ് അഭിമാനം അടങ്ങിയപ്പോ നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ ഹൃദയത്തിൽ തന്നെ ഭഗവാനെ കണ്ടു ആദ്യമേ ഹൃദയത്തിൽ ഭഗവാനെ കണ്ടുകൂടെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല ഈ അഭിമാനമുള്ള വരവൊന്നും നടക്കില്ല മാനം കൊണ്ട് ഉറുപവർമാനത്തെ അഴിത്ത് അഭിമാനമില്ലാതെ ഒളിർ അരുണാചല ഭഗവാൻ നമ്മുടെ ഭഗവാൻ അരുണാചല അക്ഷരമണമാലയില് അരുണാചലേശ്വരനോട് പറയാണ് ഹേ അരുണാചലേശ്വര അഭിമാനം കൊണ്ട് വിഷമിക്കുന്ന അഹങ്കാരികളുടെ അഭിമാനത്തിനെ ഇല്ലാതാക്കി ഉള്ളിൽ പ്രകാശിക്കൂ ഈ അഭിമാനം ഉള്ളവരെ പ്രകാശിക്കില്ലേ നമ്മളുടെ സാധനയും ഇതുമൊക്കെ തന്നെ ഈ ആളെ ഇല്ലാതാക്കാനാണ് അത് കൊഴുത്ത് ടോണിക്ക് കുടിച്ചു കൊഴുത്തുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് ഈ അഭിമാനത്തിനെ ഭഗവാന് ശരണാഗതി ചെയ്തു ഭക്തി ചെയ്തു ഒക്കെ ചെയ്തു അവസാനാവുമ്പോ ഈ അഭിമാനം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകുമ്പോ ഭഗവാൻ ഹൃദയത്തില് പ്രകാശിച്ചു അപ്പൊ അതിന് സത്വഗുണമുള്ളവര് യജന്തേ ദേവാന് ദേവതകളെയൊക്കെ ആരാധിക്കണം പഴയ കാലത്താകുമ്പോ യാഗയജ്ഞങ്ങളിലൊക്കെ ഇന്ദ്രൻ വരുണൻ അഗ്നി ദേവതകളെയൊക്കെ ഇന്നിപ്പോ നമുക്ക് അമ്പലത്തിലൊക്കെ കുറെ ദേവതകളുണ്ട് വിഷ്ണു ശിവൻ ബ്രഹ്മാവനങ്ങനെ ഒന്നും ആരും ആരാധിക്കാറില്ല എന്നാലും പലതരത്തിലുള്ള അമ്പലങ്ങളും ദേവിയും ദേവന്മാരെയും ഒക്കെ നമ്മളെ ആരാധിക്കുന്നുണ്ട് സത്വഗുണമുള്ളപ്പോ ദേവതകളുടെ അടുത്തൊരു പ്രീതി തുടങ്ങി രജോ ഗുണുണ്ടെങ്കിൽ യക്ഷരക്ഷാംസി രാജസാഹ ഭഗവാൻ പറഞ്ഞത് യക്ഷന്മാര് രക്ഷസുകള് കേരളത്തിൽ കുറെ രക്ഷസുകള് പൂജക്കുണ്ട് രക്ഷാംസി രാജസാഹ ഇപ്പോ യക്ഷന്മാര് രക്ഷസുകൾ നോക്കി പറഞ്ഞാൽ പ്യുവറായിട്ടിപ്പോൾ പഴയ കാലത്തുള്ള യക്ഷൻ രാക്ഷ രാക്ഷസന്മാരോ ബ്രഹ്മരക്ഷസിലേക്ക് ഒന്നും പോണ്ട രജോഗുണത്തിന് വരുമ്പോൾ നമ്മൾക്ക് പവർ ഉണ്ടാക്കണ എന്തും നമ്മൾ പഠിക്കണത് നമ്മളുടെ ഇൻട്രസ്റ്റ് മുഴുവൻ പൊളിറ്റിക്സിലാണ് അത് രജോഗുണമാണ് ഈ ഉപാസനാ വിഷയത്തിലാണ് ഇവിടെ പറഞ്ഞ യക്ഷരക്ഷാംസി ഇതൊന്നും ആചാര്യസ്വാമി വിസ്തരിച്ചില്ല ഭാഷ്യത്തിൽ പ്രേതാൻ ഭൂതഗണാംശാന്യെ യജന് താമസാജന തമോ ഗുണം വരുമ്പോ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും ഒക്കെ ആരാധിക്കും അതിനുള്ള ആളുകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് പ്രേതങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും പേ പി ഇപ്പോ ഒരുപാട് ആളുകൾ പേയെ ആരാധിക്കുന്ന ആളുകളാണ് തമിഴില് പേ എന്ന് പറയും അമേരിക്കയിൽ പോയാൽ നല്ല പേ കിട്ടും ബാംഗ്ലൂരിൽ പോയാൽ നല്ല പേ കിട്ടും ഐ ടി കമ്പനിയിൽ നല്ല പേയാണ് ഇപ്പൊ ബാങ്കിലൊക്കെ നല്ല പേയാണ് അങ്ങനെ ഒരുപാട് പേയാണ് യക്ഷരക്ഷാംശി പ്രേതാനുഭൂതഗണാംശാന് പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും ഒക്കെ ആരാധിക്കുക അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് പ്രേതങ്ങളെയൊക്കെ ആരാധിച്ച് കയ്യിൽ വയ്ക്കും അവർ വിളിച്ചാൽ വരുവോ അത്രേ സൈക്കിക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് താമസ അവര് തമോ ഗുണികളാണ് അവർക്ക് സമാധാനം ഉണ്ടാവില്ല ഓരോരോ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഇങ്ങനത്തെ ശക്തികളെയൊക്കെ ഉപയോഗിക്കണവരുണ്ടല്ലോ അവസാനം ആ ശക്തികൾ അവരുടെ ജീവിതം താറുമാറാക്കും യജന്തെ താമസ അവര് അതിന് ഘോരമായ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും ആളുകൾക്ക് എളുപ്പത്തിൽ സിദ്ധി കിട്ടുന്നത് ഈ ഭൂതം പ്രേതഗണങ്ങളൊക്കെയാണ് രമണ ഭഗവാന്റെ ഭക്തന്മാരിൽ ഒരാള് ഒരു പഞ്ചാബി ഉണ്ടായിരുന്നു അദ്ദേഹം ഫ്രീഡം ഫൈറ്റിംഗ് ഫ്രീഡം മൂവ്മെന്റ് കാലത്ത് സ്വാതന്ത്ര്യ സമരത്തില് ഇവര് തോക്കും കൊണ്ട് നടന്ന ആളുകളാണ് ഇവരൊക്കെ കൊറേ കഴിഞ്ഞപ്പോ അവർക്ക് പേടിയായി തുടങ്ങി എന്താന്ന് വെച്ചാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തൂക്കിക്കൊല്ലും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ടൈമില് അപ്പോ ഇവര് കുറച്ചുപേരൊക്കെ കൂടെ തീരുമാനിച്ചു ഈ ഭഗത് സിംഗിനെയൊക്കെ അധിച്ച സമയാണ് അപ്പൊ ഇവരൊക്കെ കൂടെ തീരുമാനിച്ചു നമ്മൾ ഇങ്ങനെ റിസ്ക് എടുക്കാൻ പാടില്ല നമുക്ക് സ്വാതന്ത്ര്യമാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലും മന്ത്രം ജപിച്ചിട്ട് ഏതെങ്കിലും ഭൂതത്തിനെ പറഞ്ഞുവെച്ചിട്ട് കാര്യം ചെയ്യിപ്പിക്കാം ഒരു ഭൂതത്തിനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ ഈ സായിപ്പിന്റെ കാര്യം തീർക്കാൻ പറഞ്ഞപ്പോയി തീർത്തിട്ട് റിസ്ക് അല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു ആരോ ഒരു മന്ത്രം കൊടുത്തു ഈ മന്ത്രം ജപിക്ക ജപിച്ച് തൊണ്ണൂറ്റിയാറ് ദിവസം കഴിയുമ്പോൾ നിന്റെ മുമ്പിൽ അത് വരും നീ ചോദിച്ചുകൂടാ അത് നിന്റെ അടിമ ആയിക്കോളും പറഞ്ഞു ശ്മശാനത്തിൽ പോയിരുന്ന രാത്രി തൊണ്ണൂറ്റിയാറ് ദിവസം ഈ മന്ത്രം ജപിച്ചു അദ്ദേഹം തമാശ പറയുകയാണോ അറിയില്ല സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറാമത്തെ ദിവസം ഉഗ്രമായിട്ട് ആ ഒരു രൂപം മുമ്പിൽ വന്നപ്പോ ഞാൻ പേടിച്ച് വീട്ടിലേക്ക് ഓടിന്നു എന്തെങ്കിലും ചോദിക്കുന്നതിന് പകരം ശ്മശാനത്ത് നിന്ന് അത് കണ്ട് പേടിച്ചിട്ട് പോയിരുന്നു ചെയ്യുന്ന ആളുകളുണ്ട് ഈ വിദ്യകളൊക്കെ സാധാരണ ഇന്നത്തെ ടെററിസ്റ്റിന്റെ കയ്യിലൊക്കെ കിട്ടിയാൽ ഒരാളെ പഠിക്കാൻ പറ്റില്ല അവരൊന്നും അറിഞ്ഞിട്ടില്ലേ അതുവരെ ശരി അപ്പൊ ഇതൊക്കെ യജന്തെ പ്രേതാണ് ഭൂതഗണാണ് ചില നാടുകൾ നമ്മുടെ നാട് മാത്രമല്ല ഈ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിനേക്കാളും മോശമാണ് പാശ്ചാത്യദേശങ്ങളിൽ വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയും പലതരത്തിലുള്ള നീചശക്തികളെയൊക്കെ ഉപാസന ചെയ്ത് കയ്യിൽ വെക്കുന്ന ആളുകൾ ഒക്കൾ ടിസം ഇതൊക്കെ ബാഹ്യ പുറനാടുകളിൽ ഉണ്ട് അവരൊക്കെ താമസാജനാഹ എന്നാണ് തമോ ഗുടികളാണ് അവരുടെ സംഘമേ ആരുത് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകരുത് അവര് നീച്ചന്മാരാണ് താമസന്മാരാണ് എന്ന് പറഞ്ഞു ഭഗവാൻ അപ്പോ അത് കഴിഞ്ഞ് ഇപ്പോ അടുത്തത് തപസിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയണത് അത് നമ്മള് നാളെ കാണാം ഇപ്പോ ഈ ശ്രദ്ധയുടെ ഏറ്റവും സാത്വികമായ രൂപം ഭക്തിയാണ് ഭാഗവതം തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു സാത്വികമായ രൂപത്തിൽ ഭഗവാനെ ഉപാസിക്ക സാത്വികമായ ആരാധനാ സമ്പ്രദായങ്ങളെ സ്വീകരിക്ക സത്വഗുണത്തിനെ അഭിവൃദ്ധിപ്പെടുത്ത സത്വഗുണം അഭിവൃദ്ധമായാൽ സത്വാ സഞ്ചായത്തെ ജ്ഞാനം സത്വത്തിൽ മാത്രേ ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ രജോ തമോഗുണത്തിലും പറ്റില്ല മനസ് അവസാദനുണ്ടാവും ഉള്ളില് പിടിച്ച കിട്ടില്ല ലയിച്ചുപോകും ധ്യാനം സാധിക്കില്ല സത്വഗുണുണ്ടെങ്കിലേ ധ്യാനം സാധ്യമാവുള്ളൂ സത്വഗുണത്തിന് തപസ് സാത്വികമായിരിക്കണം ആഹാരം സാത്വികമായിരിക്കണം ഇച്ഛാശക്തി സാത്വികമായിരിക്കണം ഇതിനെയൊക്കെ ഭഗവാൻ ഇനി വിസ്തരിക്കാൻ പോണു നാളെ നമ്മൾ തുടർന്ന് ശ്രദ്ധാത്രയ വിഭാഗം നാളെ തുടർന്ന് ഇതേ സമയം ആറര മണിക്ക് കാണാം സത്യം ജ്ഞാനമനന്ത നിത്യമാകാശം പരമാകാശം ഗോഷപ്രാങ്കണരിംഗണലോലമ പരമായാസം മായാക്കൽപ്പം ഭുവനാകാരം ഥം പ്രണമത ഗോവിനന്ദോവിന്ദ പരമാനന്ദ ഭജ ഗോവിന്ദ ഗോവിന്ദം പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദോ മതി ത്വമ തോന്നഞ്ചിദസ്തിയ തവേഷ്ടുരുമാത്മനം വച്ചാമി